അവയുടെ നാശം ഒട്ടേറെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അതിൽ ചിലത് റിജ്യേറ്റ് ചെയ്യില്ലാത്തവയാണ് മസ്തിഷ്കത്തിലെ ചില കോശങ്ങളൊക്കെ ചെയ്യില്ല എന്ന് തന്നെയാണ് ധുനിക പഠനങ്ങൾ അടുത്ത കാലത്ത് ഒരു പഠനം വ്യത്യസ്തമായി വന്നു എന്ന് പറയപ്പെടുന്നത് ഒഴിച്ചാൽ അടുത്ത ഇടയിലാണ് ആ കോശങ്ങൾ പുനർജീവിക്കുമെന്ന് യു എസ് കണ്ടെത്തി വൈവരീത്യം എന്ന് പറയട്ടെ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച നമ്മുടെ ആളുകളെല്ലാം ഏത് വൈദ്യശാഖ പഠിച്ചു കഴിഞ്ഞാലും ആ കോശങ്ങൾ പുനർജീവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ആധുനിക വൈദ്യശാസ്ത്രജ്ഞർ അങ്ങനെ വിശ്വസിക്കുന്നത് അവിടുത്തെ പഠനങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നാൽ ഭാരതീയ വൈദ്യസമൂഹം അവരുടെ പഠനങ്ങളിൽ വ്യക്തമായും അവ പുനർജിക്കുന്നവയാണ് എന്ന് രേഖപ്പെടുത്തി പഠിച്ചു വന്നത് ആ അറിവിനെ ശാസ്ത്രീയമെന്ന് അവർ കാണുന്നില്ല അവർക്ക് ബോധ്യപ്പെടാറുണ്ട് വാർദ്ധക്യം കൊണ്ട് വരുന്ന അത്രോപ്പി മുതലായവ അതുപോലെ തന്നെ ചില ആഘാതങ്ങളിൽ വരുന്ന മസ്തിഷ്ക കോശങ്ങളുടെ തകരാറുകൾ ഇവയിലൊക്കെ ആ കോശം നഷ്ടപ്പെട്ടാൽ വീണ്ടും പുനർജനിക്കുക വീണ്ടും ജനിക്കുകയില്ല എന്ന് തന്നെ പരക്കെ ഇപ്പോൾ വിശ്വസിച്ചു എന്നാൽ ഒരു നാൽപ്പത് കഴിഞ്ഞവർക്ക് ഓർമ്മയുണ്ടാവും പണ്ട് ഈ ബുദ്ധിമാന്തിയവും മസ്തിഷ്ക ചയവും മസ്തിഷ്ക ദ്രവവും പോട്ടിസും ഒക്കെയുള്ള കുട്ടികൾ ആദ്യ ഈ വിഷമത കാണിക്കുമ്പോൾ തന്നെ മ്മമാർ അവർക്ക് പരിചയമുള്ള ചില ആഹാരങ്ങളും മരുന്നുകളും കൊടുത്തും വണ്ണാൻ തുടങ്ങിയ ചില ചികിത്സാ വിഭാഗങ്ങളിൽ ആളുകളുടെ ചില മരുന്നുകൾ ഉപയോഗിച്ചുമൊക്കെ പൂർണ്ണതയിലേക്ക് വരുന്നത് കണ്ടിട്ടുള്ളവരാണ് ഇന്നുമുള്ളവർ പ്രായമായവർ ഒരു പക്ഷേ ഇന്ത്യക്കാണ് ഏറ്റവും വലിയ ഗവേഷണം നടത്താൻ ശേഷിയും ക്ഷേമുഷിയും ഉണ്ടായിരുന്നത് അവ കണ്ടുവളർന്ന പ്രായമായിശുരന്മാരുടെ അതിലൊരു അന്വേഷണം നടത്താൻ പോലുമുള്ള അഭിവാംശയാകട്ടെന്തായാലും ഇതൊന്നുമില്ലാതെ ഏതോ നാട്ടിൽ നടന്ന ഗവേഷണങ്ങളുടെയും ആധുനിക പരിണാമങ്ങളെ മാത്രം വിശ്വസിച്ച് തീരുമാനങ്ങളിലെത്തി എന്നുള്ളത് നമ്മുടെ വളർച്ചയെയും നമ്മുടെ വികാസത്തെയും നിർണായകമായി തന്നെ അടുത്ത കാലത്ത് ബാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇനിയും മൺമറഞ്ഞ് പോയിട്ടില്ലാത്ത ഭാരതത്തിൽ ഇനിയും മൺമറഞ്ഞ് പോയിട്ടില്ലാത്ത സംസ്കൃതിയുടെ ഭാവങ്ങളിൽ അവിടെയും ഇവിടെയുമൊക്കെ ഈ കോശങ്ങൾ പുനർജനിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ചെറിയ മരുന്ന് കൊടുക്കുമ്പോൾ ഇനി പുനർജനിക്കുന്ന കോശങ്ങളില്ല എന്ന് പറയുന്ന ആളുകൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരെ നോക്കുന്ന ന്യൂറോളജിസ്റ്റുകളോ ഉന്നതശിഷ്യരായ വിഷഗുരന്മാരോ അത് കണ്ട് ആ ബന്ധുക്കളോട് അതിർമാണ് എന്നൊക്കെ പറഞ്ഞ് സമാനിപ്പിച്ചു വിട്ടിട്ട് തങ്ങളിൽ കണ്ട വിവരം ഏതെങ്കിലും അന്തർദേശീയ സമ്മേളനങ്ങളിൽ വച്ച് ഇങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ താല്പര്യമുള്ള പാശ്ചാത്യം ഇന്ത്യക്കാരനിൽ നിന്ന് പാശ്ചാത്യമുള്ള വ്യത്യസ്തമാണ് ഉടനെ തന്നെ ആ സംഭവത്തെയും ആ വ്യക്തിയുടെ അഡ്രസ്സിനെയും ഒക്കെ കുറിച്ചെടുത്ത് ഒരുപക്ഷെ അവിടെ എത്തി അവർ കഴിച്ച ആഹാരം അവര് ജീവിച്ച അന്തരീക്ഷം അവര് കഴിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മരുന്നുകളും അല്ലാത്ത മരുന്നുകളും എല്ലാം രേഖപ്പെടുത്തി വാങ്ങി അതിൽ അന്വേഷണം നടത്തി മുന്നേറിയതു തന്നെ ആകാം ഈ കണ്ടുപിടുത്തം വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ ഒന്നോ രണ്ടോ ആഴ്ചയായുള്ളൂ അപ്പൊ അത് നിങ്ങൾ വായിച്ചു കാണും അതിന് വളരെ മുമ്പേ തന്നെ ഭാരതീയ വൈദ്യ സമൂഹത്തിൽ നിത്യാനുഭവത്തിൽ പെട്ടത് തന്നെയാണ് ഒന്നോ രണ്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് പോയി അന്വേഷിച്ചാലും കൃത്യമായി തെളിയുന്ന ഒട്ടേറെ ആളുകളെ പ്രായമായവർക്ക് പരിചയപ്പെടാൻ കഴിയുമാറ് ഇന്നും ഉണ്ടാവും ഇതിന് കാരണം ഇതാണ് ഇപ്പൊ കോശത്തെ കുറിച്ചുള്ള പഠനങ്ങൾ അതുപോലെ തന്നെ പേശീകോശങ്ങൾ അതേപോലെ തന്നെ എട്ടിനെയും മറ്റും മറ്റും എല്ലാ കോശ സമൂഹത്തിൽപ്പെടും കേന്ദ്ര നാഡീ കോശങ്ങൾ ഉപരിതന നാഡീ കോശങ്ങൾ അതുപോലെ തന്നെ മസിൽ സെൽസ് അതേപോലെ തന്നെ സംവേദക സ്വീകരണികൾ തുടങ്ങിയവ എല്ലാം കോശ സമൂഹത്തിൽപ്പെടുന്നു അതിനെ അവലംബിച്ച് നമ്മുടെ സംവേദനത്തിൻ്റെയും സംവേദനത്തെ അവഗ്രഹിക്കുന്ന അതിനെ അവലംബമാക്കി പ്രവർത്തനത്തിന്റെയും സെൻസോറിയം ന്യൂറോണിയം മോട്ടോറിയം കോംപ്ലക്സ് അവയുടെ വളർച്ച നേരത്തെ തന്നെ പൂർത്തിയാകുകയാണ് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവിടെ മുതൽ അവിഭാജ്യങ്ങളുമാണ് അവ വിഭജിക്കാൻ പറ്റാത്ത വിധത്തിലാണ് അപ്പൊ ലബ്ലോണ്ടിന്റെ എലികളിൽ ജനനം കഴിഞ്ഞ ഏഴ് ദിവസത്തോടെ ഈ കോശങ്ങൾ പൂർണ്ണതയെ പ്രാപിക്കുന്നുവെന്നാണ് ബീജഗ്രന്ഥികൾ മുഷ്കം പ്രാചീന ഉപയോഗിക്കുന്ന പദം മുഷ്കം എന്നാണ് ബീജഗ്രന്ഥി അതൊഴിച്ച് മുഷ്കം ഒഴിച്ച് എല്ലാ അവയവങ്ങളും ബീജസങ്കലനം കഴിഞ്ഞ് എട്ടാഴ്ചയോടെ ഏതാണ്ട് അൻപത്തിയാറ് ദിവസത്തോടെ അതുകൊണ്ട് ബീജസങ്കലനം കഴിഞ്ഞ് അമ്പത്താറിന് അതുപോലെ പ്രസവം കഴിഞ്ഞ് അമ്പത്താറിന് രണ്ടിനും പ്രാധാന്യമുണ്ട് ഗർഭാധാന സംസ്കാരം കഴിഞ്ഞ് ഇത്ര ദിവസം കൊണ്ട് ബീജസങ്കലനവും ആ സങ്കലനം കഴിഞ്ഞതിന്റെ കലലം ഉദ്ബുദം കർക്കേന്ദു മുതലായ അവസ്ഥകളും ആ ബീജഗ്രന്ഥി മുഷ്കമായി പരിണമിക്കുന്നതും അതിനെ അവലംബിച്ച് അൻപത്തിയാറാം ദിവസം കൊണ്ട് ഇത് പൂർണതയിലെത്തുന്നതും എല്ലാ അവയവങ്ങളും ആ കോശ അവിടെ പൂർണ്ണമാകുന്നതും അവിഭാജ്യമായ എസ് കോംപ്ലക്സ് സപ്പോർട്ടീവ് ടിഷ്യൂ കോംപ്ലക്സ് എസ് ടി കോംപ്ലക്സ് എന്നാണ് അതിന് ഷോർട്ട് ഫോമിൽ പറയുക ഇവയെല്ലാം അതിൻ്റെ വികാസവും നവീകരണവും എല്ലാം ആ വിഭജിത കോശങ്ങളെയും അവിഭാജ്യ കോശങ്ങളെയും ഒക്കെ കുറിച്ച് ഉള്ള പഠനങ്ങൾ ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാചീനർ പോയ വഴിയിലും ആധുനികർ പോകുന്ന വഴിയിലും നോക്കി വേണം അർബുദത്തെ പഠിക്കാൻ അതുപോലെ തന്നെ പ്രധാനമാണ് സമ്പുഷ്ട കോശ സമൂഹങ്ങളെ പറ്റിയുള്ള പഠനങ്ങളും expanding എക്സ്പാൻഡിങ് സെൽഫ്ലേഷൻ ഇവകോഷ്ടോശങ്ങൾ അതിലും വ്യത്യാസമുണ്ട് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് രക്തം പരിശോധിച്ച് ഡി എൻ എ ടെസ്റ്റുകളിലൂടെയൊക്കെ പിതൃത്വമൊക്കെ കൃത്യമായി കണ്ടെത്താവുന്ന രക്തവും ഗ്രൂപ്പും ആറുന്നതാണ് രക്തവും പരിണമിക്കുന്നതാണ് അനേകം കേസുകൾ ഉണ്ടാവുമ്പോഴും ശാസ്ത്രത്തിന്റെ ആദ്യമുള്ള നിരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് വൈദ്യശാസ്ത്രം ഇനിയും അടുത്ത കാലത്താണ് കൊല്ലത്ത് ആദ്യത്തെ പ്രസവം നടന്ന ഒരു പെൺകുട്ടി പൺഷീച്ച അതിൻ്റെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവായിരുന്നു രണ്ടാമതാ കുട്ടി പ്രസവിക്കുന്നത് പാലക്കാടാണ് അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവാണ് കോവിഡ് ടെസ്റ്റ് നടത്തുമ്പോഴാണ് പറഞ്ഞ അതത് തെറ്റായിപ്പോയതാണ് അപ്പോൾ കുട്ടി പറഞ്ഞു ആ സമയത്ത് ബ്ലഡ് കേറ്റുകയും ചെയ്തതാണ് ഡോക്ടർ പറഞ്ഞു ബ്ലഡ് കയറ്റിയതാണ് അന്ന് ഗ്രൂപ്പിലാണ് ഞങ്ങൾക്ക് തെറ്റി തോന്നില്ല നിങ്ങൾക്ക് തെറ്റിയതാണ് നിങ്ങളൊന്നുകൂടെ നോക്കുന്നതാണ് നല്ലത് ുന്നത് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പല കേസുകളും ഉണ്ടാകണം ഒരു കേസ് ഉദാഹരണത്തിന് പറഞ്ഞു വന്നിരുന്നു തെളിവ് തരാവുന്ന ഒരു കേസ് പഠനം കൃത്യമായുള്ള ഒരു കേസ് ഉദാഹരണത്തിന് പറഞ്ഞു വന്നിരുന്നു ഏതെങ്കിലും ഒരിക്കല് ദിവ കണ്ടെത്തിയാ പഴയതെല്ലാം തെറ്റാണ് എന്ന ഒറ്റ നിഗമനത്തിൽ വൈദ്യുതി ശാസ്ത്രം ഇതിലേറെ നമ്മൾ നടത്തിയ അടി എൻ എ ടെസ്റ്റുകളുടെയൊക്കെ അടിമുറിക്കുന്ന ഒരു സത്യം കൂടിയതിലുണ്ട് ഒളിഞ്ഞിരിക്കും ശാസ്ത്രം മാറ്റമാണ് എന്നതിന് ഇന്നലെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാറ്റം ഇല്ലാത്തതായി നിർവചനം മാറി സയൻസ് കണ്ടിന്യൂസ് ഒരു നിവഗമനത്തിനും സ്ഥൈതികത ഇല്ലാത്തത് അത് ശാസ്ത്രമാണ് ഈ ഒരു തലത്തിലേക്കൊന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യന്റെ ചിന്തകളുടെ തലങ്ങളിൽ പോലും ഈ പരിണാമം ആ വംശീയ സാന്ദ്ര കേന്ദ്രങ്ങൾ ഡി ഘടകത്തിന്റെ വർധനവിന് ഈ ക്രമഭംഗം മിറ്റോസിസ് ഞാൻ പഴയ പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ആധുനിക പേരൂടെ പറഞ്ഞു പഴയത്മബന്ധം കാരണമാവും ഗ്രന്ഥികൾ അനേകമാണ് വൃക്കകൾ മുതലായവയുടെ കോശങ്ങൾ ഗ്രന്ഥി സംബന്ധങ്ങളായ കോശങ്ങൾ വൃക്കാ സംബന്ധങ്ങളായ കോശങ്ങൾ നാഡീ സംബന്ധങ്ങളായ കോശങ്ങൾ ന്യൂറോളജിക്കൽ സെൽസ് ഇവയുടെ ഒക്കെ ഈ കലകളുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി പുതിയ കോശങ്ങളെ നിരന്തരം സൃഷ്ടിക്കുന്നുണ്ട് കോശവിഭജനത്തിൽ ശരിയാം വിധമുള്ള പ്രചോദകളുടെ സഹായം കൊണ്ട് അതിനെ പ്രചോദിപ്പിക്കുന്ന വസ്തുക്കളുടെ സഹായത്താ ക്രമഭംഗത്തിന്റെ സ്വഭാവത്തെ അത്ഭുതകരമാം വിധം ഉത്തേജിപ്പിക്കുവാൻ അത്തരം ഉത്തേജകങ്ങൾ തീപുരുഷ സ്വഭാവങ്ങളുടെ അന്താരാളം ഹോർമോണുകളുടെ താളവ്യതിയാനങ്ങൾ ഇവയ്ക്കൊക്കെ കാരണമായി തീരുകയും ചെയ്യും അപ്പം നേരത്തെയുള്ള ജനിതക സ്വഭാവങ്ങൾ കഴിക്കുന്ന ആഹാര ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഇവയെല്ലാം കോശവിഭജനത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു വിഭജനം ഒരു മാതൃകോശം സ്റ്റെംസെ മാതൃകോശവും മറ്റൊരു മാതൃകോശവുമായി രണ്ട് സ്റ്റെല്ലുകളായി വിഭജിക്കാം ഒരു മാതൃകോശം ഒരു സ്റ്റെംസെല്ലും ഒരു നാശമടയുന്ന എൻസെല്ലുമായി വിഭജിക്കാം ഒരു മാതൃകോശം വീണ്ടും രണ്ട് എൻസെല്ലുകളായിരിക്കാം അവസാനത്തെ തരം വിഭജനത്തിൽ സെനസൻസ് അവക്ഷയം ഗതീയമാകുമ്പോൾ അത് വാർദ്ധക്യമായി കോശത്തിന്റെ വാർദ്ധക്യമായി തീരുകയും അർബുദമായി തീരുകയും ചെയ്യും ഇതാണ് നമ്മൾ നിർണായകമായി എഴുതുന്നത് അപ്പൊ അർബുദം എന്നത് രോഗമല്ല വാർദ്ധക്യലക്ഷണം എല്ലവും ഏതാണ്ട് ഇങ്ങനെയാണ് കോശവാർദ്ധക്യം എങ്ങനെയെല്ലാം ഉണ്ടാകുന്നു അനേക കാരണങ്ങളാൽ കോശവാർദ്ധക്യം ഉണ്ടാകുന്നു കോശ സ്വഭാവം എങ്ങനെയുള്ളതാണ് കോശം ഏതിനോടുള്ള എല്ലാം ബന്ധമുള്ളതാണ് അതിൻ്റെ ഭാവാത്മകവും പ്രകൃതി അതിൻ്റെ ക്രിയാത്മക പ്രകൃതി അതിൻ്റെ സർഗാത്മക പ്രകൃതി കോശ സ്ഥലങ്ങളുടെയും കോശ പഠനങ്ങളുടെയും ഒക്കെ തലങ്ങളിലേക്ക് പോകുമ്പോൾ ക്രമഭംഗവും മറ്റും പഠിക്കുമ്പോൾ കോശവാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ അറിയാൻ അതിൻ്റെ സർഗാത്മക പ്രകൃതി അതിൻ്റെ ക്രിയാത്മക പ്രകൃതി ഞാൻ പറഞ്ഞു അതിന്റെ ഭാവാത്മക പ്രതി മൂന്ന അവ എന്തിനോടെല്ലാം ബ പ്രാചീനൻ പഠിക്കുന്നത് ഇന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ ഘോഷ അതിന്റെ ഭാവാത്മകതയിൽ എപ്പോഴാണ് രൂപാന്തരപ്പെട്ടത് ആ ഭാവാത്മകത രൂപപ്പെടുന്ന ഘട്ടമേതാണ് കാലമേതാണ് അത് രൂപപ്പെട്ട മനസ്സുകളും സ്വപ്നങ്ങളും ഏതാണ് അത്ര സൂക്ഷ്മമായി മനസ്സിലാവും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എവിടെയോ വിവാഹം കഴിച്ചൊരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞ് കുട്ടികൾ അയൽവക്കത്തുള്ള ആളുകൾ വിശേഷമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ തലങ്ങളിൽ അവര് കഴിക്കുന്ന ആഹാരം ചുറ്റുപാടുകളിൽ നിന്ന് അവര് കഴിച്ച വെണ്ടയ്ക്കയും വഴുതനങ്ങയും പാവയ്ക്കയും എല്ലാം ജഡരാഗ്നിയിൽ അത് ഭൂതാഗ്നികളിൽ വീണ്ടും ഭജിച്ച് അഞ്ച് ഭൂതങ്ങളായി ഭൂത തന്മാത്രകളായി പരിണമിച്ച് അത് വീണ്ടും ഭജിച്ച് രസമായി രസം ഭജിച്ച് രക്തമായി രക്തം ഭജി ഭജിച്ച് മാംസമായി മാംസം ഭജിച്ച് മേധസ് ആയി മേധസ് ഭജിച്ച് അസ്ഥിയായി അസ്ഥി ഭജിച്ച് മജ്ജയായി മജ്ജം മജ്ജ ഭജിച്ച് ശുക്രമായി പിതാവിൽ അത് ഓവമായി മാതാവിൽ രൂപാന്തരപ്പെട്ടു വരുമ്പോൾ ഇത്രയും രൂപാന്തരങ്ങൾക്ക് കാരണമായ ആഹാരം അവർ കഴിച്ച കാലം അതിനെ ഭജിപ്പിച്ച് ശുക്രധാതു വരെ സ്ത്രീയുടെ അണ്ടധാതു വരെ ഉള്ള ധാതു പര്യന്തം പരിണമിപ്പിച്ച കാലം അതിനെ പരിണമിപ്പിച്ചെടുത്തേതോ പിതാമഹനെ ആ കോശ വ്യാപാരത്തിനുള്ളിൽ ഭാവാത്മകമായി പ്രതിഷ്ഠിക്കുമ്പോൾ ആ പിതാമഹ ചിന്തയുടെ ഇനിയും പൂർത്തീകരിക്കപ്പെടാത്ത അഭിലാഷങ്ങളുടെ തുക സയന്റിസ്റ്റ് പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഭാവാത്മകനായൊരു കവിക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്ന് തോന്നി അഥവാ കവിതയിൽ ശാസ്ത്രം മുങ്ങി താഴുമെന്ന് അല്ലെങ്കിൽ കവിത ശാസ്ത്രമായി ഉന്നിദ്രമാവുമെന്ന് തോന്നുന്നു എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എങ്ങനെയും നിങ്ങൾക്ക് വിചാരിക്കാം ഇത് പുറത്ത് ജനിച്ചിട്ട് ഇത് കോശമായി പരിണമിച്ചിട്ട് ഒക്കെ മാത്രമേ നിങ്ങൾക്ക് ലാഭർക്കതിയിലേക്ക് ഇതിനെ മാറ്റി പരീക്ഷിക്കാൻ പറ്റുള്ളൂ പിതാവിന്റെ ബീജമായി മാതാവിൻ്റെ അണ്ടമായി അതിൻ്റെ സംയോഗമായി ആദ്യത്തെ കോശമായി യൂണിസെല്ലുലർ ഓർഗാനിസം സൈഗോട്ടായി പഠനം നടാന്തര ഘടനകളെയും വളർച്ചയെയും വികാസത്തെയും ക്രിയാത്മകതയെയും പഠിക്കാം അതിലൊളിഞ്ഞിരിക്കുന്ന സർഗാത്മകത നിങ്ങളുടെ ശാസ്ത്ര പഠിപ്പുകൾക്ക് അന്യമാണ് അത് രൂപാന്തരപ്പെട്ടു വന്ന നിശൂന്യമായ സങ്കേതങ്ങൾ അത്രയും ഭാവാത്മക പ്രകൃതിയിൽ നിങ്ങൾ കന്യമാ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞ ബേസിൽ നിന്നേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അതിന്റെ ആന്തരിക തലങ്ങളിൽ നിങ്ങളുടെ ദുരിദ്ര ശാസ്ത്രകാരൻ എത്ര ഹേമനായാലും കടന്നു ചെല്ലിലേ ഉപകരണങ്ങളൊന്നും അതിൻ്റെ ആന്തരിക ഘട്ടങ്ങളിൽ സജീവങ്ങളല്ല ഇതൊക്കെ അറിഞ്ഞാണോ നിങ്ങൾ ജീവിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞാണോ നിങ്ങൾ പഠിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞാണോ നിങ്ങൾ ഈ ശാസ്ത്രം ഒക്കെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞാണോ നിങ്ങൾ ഈ ശാസ്ത്രത്തെ കച്ചവടം ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല വസ്തുതകൾ ഇങ്ങനെ വസ്തുതകളായിരിക്കും ഫോളോ ചെയ്യാൻ പറ്റുമോ ഞാൻ പറയുന്നതൊരു ദിഗർശനമായിട്ടെങ്കിലും കയറിക്കൂടാൻ ആടുതലയിലിരിക്കണ്ടാവു രപ്പെട്ട ഭാവാത്മക പ്രകൃതി ഏതോ തലമുറയിലെ ഏതോ പ്രാചീനനായ പിതാമഹന്റെ അന്തരംഗത്തിലാണ് ഇതിന്റെ കോശദ്രവങ്ങളും കോശ സംക്ഷേപത്തിന്റെ തലങ്ങളും മാതാവിലും പിതാവിലും ആഹാരം രൂപാന്തരപ്പെട്ട് പശിച്ച് രൂപം പ്രാപിച്ചു വന്ന തലങ്ങളിലാണ് ഇത് രണ്ടിലും ഞാൻ ഇനി പഠിക്കാൻ പോകുന്ന പഠനങ്ങൾ ഒന്നുമില്ല എൻ്റെ പഠനങ്ങളൊന്നും ഈ രൂപാന്തരപ്പെട്ട എൻ്റെ കോശ പ്രകൃതിയെയും അതിൽ നിന്ന് വിഭജിച്ചു വന്ന കോശങ്ങളെയും നിയന്ത്രിക്കാവുന്നതോ രൂപപ്പെടുത്താവുന്നതോ മാറ്റിവയ്ക്കാവുന്നതോ ആയ യാതൊരു എൻ്റെ അറിവുകളെല്ലാം ആ കോശത്തിന് മുമ്പിൽ ഇനർ അഥവാ ചാദ്യമുള്ളതാണ് അതിൻ്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും പരിണാമത്തിന്റെയും അത് കടന്നുപോകുന്ന ഘട്ടങ്ങളുടെയും അത് രൂപാന്തരപ്പെടുന്നതിന്റെയും അത് പൂർണ്ണ വളർച്ച എത്തുന്നതിൻ്റെയും അത് അകത്ത് സംയോജിക്കുന്നത് മുതൽ സംയോജനത്തിന്റെയും വികാസത്തിന്റെയും അത് ഭൂജാതമാകുന്നതിൻ്റെയും ആ ജാതമായി കഴിഞ്ഞാൽ അത് വീണ്ടും കോശങ്ങൾ പരിണമിക്കുന്നതിൻ്റെയും അതായത് ഗ്രോത്തിന്റെയും എവലൂഷന്റെയും അത് പരിണമിച്ച് അതിൽ അപക്ഷയം വരുന്നതിൻ്റെയും അത് നശിക്കുന്നതിൻ്റെയും വരെയുള്ള ഖത്രങ്ങളും സങ്കേതങ്ങളും സംക്ഷേപിച്ചുവെച്ചിരിക്കുന്നത് ഈ പൂർവ നിശ്ചയങ്ങളിൽ നിന്നാണ് അതിൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛന് എൻ്റെ അപ്പൂപ്പന് എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛന് എൻ്റെ അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടെ അമ്മൂമ്മക്ക് ഒക്കെ പ്രാധാന്യമുണ്ടാകാം അവർ കഴിച്ച് ആഹാരങ്ങൾക്ക് പ്രാധാന്യമുണ്ടാവാം ആ ജീവിത നിർവഹണത്തിനും വ്യാപാരത്തിനും പ്രാധാന്യമുണ്ടാവാം അവരുമായി ഏറ്റെടു ഏറ്റവും അടുത്തിരിക്കുന്ന ആ കോശ അവരുടെ സങ്കല്പനങ്ങളാൽ അവരുടെ ചിന്തകളാൽ അവരുടെ വിചാരങ്ങളാൽ അവരുടെ വികാരങ്ങളാൽ അവരുടെ വാക്കുകളാൽ പരിണമിപ്പിക്കാം എന്റെ വാക്കിനാലാവില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു കോശത്തോട് നിങ്ങൾ ഇന്ന് ആജ്ഞാപിച്ചാൽ കേൾക്കാത്തത് നിങ്ങളുടെ ഒരു മാതൃസങ്കല്പത്തിന്റെയും പിതൃസങ്കല്പത്തിന്റെയും വക്ഷസിൽ വെച്ചാൽ അനുഗുണമായ കോശം അനുസരിക്കും പിതൃപൈതാമ സങ്കല്പത്തിന്റെ ലോകങ്ങളിൽ എവിടെയെങ്കിലും വിരുദ്ധ പ്രകൃതിയായി നിന്ന് ആധുനിക മാതൃകകളിൽ നിന്ന് പഠിക്കുമ്പോഴും ിൽ നിന്ന് ഉൾക്കൊള്ളുമ്പോഴും അവയാണ് സഞ്ചരിക്കുമ്പോൾ തൻ്റെ ഇന്ന് കണ്ട ജാഗ്രത്തിലെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്നലെ രൂപാന്തരപ്പെട്ടു വളർന്ന ഈ കോശങ്ങളെയും കൂട്ടി അങ്ങോട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അവ എത്രത്തോളം എൻ്റെ പൂർവ പൂർവജന്മാർക്ക് വിരുദ്ധങ്ങളായിരിക്കുന്നുവോ അത്രത്തോളം നിന്നെ ഞാൻ അവിടെ എത്തിക്കുകയില്ല എന്ന് എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന എൻ്റെ കോശങ്ങൾ പറയുമ്പോഴാണ് ഞാൻ രോഗിയായിത്തീരുന്നത് എല്ലാം ഞാൻ ഒറ്റയടിക്കാൻ പറഞ്ഞു ജാഗ്രത്തിൽ ഞാൻ എൻ്റെ ഒരു ജാഗ്രത്തിലിരുന്ന് കണ്ട ഒരു വസ്തുതയെ പഠിച്ച് ഇന്ന് കണ്ട ഒരു വ്യക്തിയെ കണ്ട് ഇന്ന് ഞാൻ പരിചയപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് അതൊക്കെ ശരിയാണെന്നെനിക്ക് എൻ്റെ യുക്തിബോധത്തിൽ തോന്നി അവയ്ക്ക് അനുഗുണമായി ഞാൻ മാറുമ്പോൾ അനേക നൂറ്റാണ്ടുകളിലൂടെ യുക്തിപൂർവമാണെന്ന് വിശ്വസിച്ച് രൂപാന്തരപ്പെട്ടു വളർന്നു വന്ന എൻ്റെ ആയിരമായിരം കോശങ്ങളെയും കൊണ്ട് വേണം എൻ്റെ ഈ ജാഗ്രത് ബോധം ആ സംഭവത്തിലേക്ക് പോകാൻ സംഘർഷം അവിടെ വെച്ച് എൻ്റെ കോശം തന്നെ എന്നെ യാത്രയിൽ നിന്ന് വിലക്കാനൊരുങ്ങുമ്പോഴാണ് അവ ഇതിന് ഈ പരിണാമം വരുമ്പോൾ ശബ്ദത്തിൽ സ്പർശത്തിൽ രൂപത്തിൽ രസത്തിൽ ഗന്ധത്തിൽ അതിനെ അനുനയപൂർവം മുന്നോട്ട് നയിക്കുവാൻ ആ പൂർവകോശങ്ങളെ അനുനയിച്ചു മുന്നോട്ടു വിടുവാൻ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ അതിൻ്റെ ഉടമയായ മാതൃത്വവും അതിനുടമയായ പിതൃത്വവും തഴുകി തലോടി തയ്യാറാകുമ്പോൾ അവൻ അറിയാതെ രോഗം പോവുകയും ചെയ്തു വിശങ്കരൻ വായിലിട്ട് തരുന്ന മരുന്നും നഴ്സ് വായിലിട്ട് തരുന്ന മരുന്നും ഹോം നേഴ്സ് വായിലിട്ട് തരുന്ന ഡോസ് കഴിച്ചിട്ടും കുറയാത്തത് അമ്മ എടുത്തൊരു ഡോസ് തരുമ്പോൾ ഇത് സ്നേഹം കൊണ്ടാണെങ്കിൽ ഭാര്യ നന്നാൽ പോകണമെന്നില്ല കാരണം എന്റെ കോശങ്ങൾ അവളിൽ നിന്നല്ല പാരമ്പര്യ സംവേദനങ്ങൾ പൂർണ്ണമാകും ഭാരതത്തിൽ രോഗങ്ങൾ കുറഞ്ഞിരുന്നത് ഈ ചുറ്റുപാടിലാണ് എസ് എ ടി അതിക്രമിക്കുമ്പോൾ ചാണകവും മൂത്രവും കോഴിയും പട്ടിയും കിടന്ന വീടുകളിൽ പ്രസവിച്ചിരുന്ന പൗരാണിക സ്ത്രീകൾക്ക് ഇതൊന്നും ബാധകമായിരുന്നില്ല അതുകൊണ്ട് കോശ വ്യാപാരത്തിലേക്ക് പഠനം നടത്താൻ പോകുമ്പോൾ പൂർവജ സങ്കേതങ്ങളും അപരജസങ്കേതങ്ങളും അതിൻ്റെ അനുലോമമായ പഠനങ്ങളിലൂടെ കൊണ്ടുപോകണം പ്രാചീനരായ അച്ഛനമ്മമാർ പ്രാചീന വൈദ്യശാസ്ത്ര വിശാരദന്മാർ ഇങ്ങനെ നോക്കി കണ്ടിരുന്നു കുട്ടികളില്ലാതെ ചെല്ലുമ്പോൾ പഴയ ആളുകൾ അമ്മയെയും അച്ഛനെയും രണ്ടുപക്ഷത്തുള്ളവരെയും അവരുടെ പാരമ്പര്യങ്ങളെയും ഒക്കെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വരൂ വൈദ്യശാസ്ത്രം ഏതായാലും പറഞ്ഞു കൊടുക്കുമായിരുന്നു ബീജോ ഉണ്ടോ സംയോജിക്കുന്നതിന് എന്ത് തന്ത്രയും തള്ളിയും ബഹുമാനിക്കാനാണെന്ന് എന്ന് പറഞ്ഞിട്ട് നാപ്പതാമത്തെ വയസ്സിലും നിവർത്തിയില്ലാതെ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിലേക്കും മന്ത്രവാദത്തിൽ നിന്ന് മന്ത്രവാദത്തിലേക്കും നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പ്രാചീനൻ അനുനയിപ്പിച്ച അർദ്ധാന്തരന്യാസങ്ങളിൽ ആധുനിക പഠനങ്ങളെ വെല്ലുന്ന അറിവിൻ്റെ മർമരങ്ങളെങ്കിലും ഉണ്ടെന്ന് തോന്നേണ്ടതാണ് ശരിയല്ല നമ്മുടെ ഇതിപ്പോഴാണോ ഞാൻ ആയോ പറയപ്പെടുക ഇതൊക്കെ നിങ്ങളോടാണോ പറഞ്ഞു തരേണ്ടതെന്ന് പോലും എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാകും എന്നോർക്കുമല്ല എനിക്കതിനെ കുറിച്ച് ചിലത് അറിയാം പറയുന്നത് അതുകൊണ്ട് പഠിച്ചു നോക്കുക സൈക്കോളജി പഠിക്കുമ്പോൾ വളരെ നിർണായക പഠനങ്ങളായിരുന്നു അതിൽ ഏറ്റവും രസകരമായ തലം ഒ അണുഗങ്ങളെ വിപരീതമായിരുമെങ്കിൽ അവയെ ഇല്ലാതാക്കാൻ പാകത്തിനായി സൃഷ്ടിക്കും പോലും ഒരിളോറ കഴിച്ചാൽ ആ ചോറ് ഒരു ചുരുക്കവും ഒരു വികാസവും വന്ന് ഓരോ അടിയും അടിച്ചു മുന്നോട്ട് പോകും ആ ഓരോ അടിയിലും ായിരം വൈറസുകളെയും അമീപകളെയും കൊന്നുകളയാൻ പാകത്തിനാണ് ആ ചലനം കോശ ചലനത്തിൽ പോലും മറ്റും ഉപരിതല കോശങ്ങളിലെ ചില സ്രവങ്ങൾ അനേകം വൈറസുകളെ പെട്ടെന്ന് കൊന്നുകളയാൻ പാകത്തിനുള്ളതാണ് ഇത്ര ഭംഗിയായി കരുതിക്കൂട്ടി വെച്ചിരിക്കുന്ന ഇതിനെ അനേക തലമുറകളിലൂടെ ും സംഭവിക്കുന്ന പരിണാമത്തെ അത് സംഭവിക്കുന്നതിന് മുമ്പേ കണ്ട് എൻറെ മകന്റെ കാലത്ത് ഞാൻ നിൽക്കുന്ന പ്രകൃതമായിരിക്കില്ല എന്ന് എൻറെ കാലത്തെ പ്രകൃതിയിൽ നിന്ന് എക്സ്ട്രാറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്റെ മസ്തിഷ്കത്തിൽ ഇരുന്ന് ആ കാലഘട്ടത്തിലെ ജീവിതത്തിനുതകുമാറ് അവൻ്റെ കലവികളെയും അവൻ്റെ കോശങ്ങളെയും സൃഷ്ടിച്ചു